മഹത്വം നമുക്ക് കഴിഞ്ഞയാഴ്ച നമ്മൾ ചിന്തിച്ചതുമായിട്ട് ചേർന്നതിനെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം ഒന്നത്തെ ശ്ലോനിക്കാം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഒരു കൊച്ചുവാക്യമാണ് അത് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ് അൺസീസിംഗ്ലി പ്രൈ ഇടവിടാതെ പ്രാർത്ഥിക്കുക ഇതെപ്പോഴും നമ്മൾ വാക്യങ്ങളെ ദൈവശ്വാസീയമാണ് ബൈബിളെന്ന് വിശ്വസിക്കുമ്പോൾ വാക്യങ്ങളെ വളരെ ഗൗരവത്തിലാണ് എപ്പോഴും എടുക്കുന്നത് അങ്ങനെ വാക്യത്തെ ഗൗരവമായിട്ടെടുത്താൽ ഈ വാക്യം നമ്മുടെ മുമ്പിൽ നമുക്കൊരു പിടികിട്ടാത്ത ഒരു വാക്യം പോലെ നമ്മുടെ മുമ്പിൽ എന്താ എന്ന് നമ്മൾ ചിന്തിച്ചു പോകത്തക്ക നിലയിൽ ഉള്ള ഒരു വാക്യമാണ് ഇടവിടാതെ പ്രാർത്ഥിപ്പി അതിനൊരു ഇടവില്ലാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കും എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കും എന്താ ഇതിൻ്റെ അർത്ഥം ഇത് ഒരു വാക്യമല്ല പല വാക്യങ്ങളുണ്ട് നമ്മൾ തുടർന്ന് നമുക്ക് ചില വാക്യങ്ങളെ നോക്കാം അപ്പോൾ ദൈവവചനത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളോട് പറയുന്നു അത് ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ വചനത്തെ ഗൗരവമായിട്ടെടുത്താൽ എങ്ങനെയെങ്ങനെ കഴിയും അപ്പോൾ ഇവിടെ എന്തോ ഒരു എന്തോ നമ്മൾ ഇതേ വരെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ വാക്യത്തെ മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഇതിലുണ്ട് എന്നുള്ളത് ചിന്തിപ്പാനായിട്ട് എനിക്കിടയായി ദൈവത്തെ നമ്മൾ പിന്തുടരുമ്പോൾ പിന്തുടരുന്ന വഴിയിൽ നമ്മൾ നിരന്തരം എപ്പോഴും ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് നമ്മൾ പറയും പക്ഷേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലും വികാരത്തിലും ഉള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ പല വാക്യങ്ങളെ നോക്കുക റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതേ കാര്യം തന്നെ വേറൊരു നിലയിൽ പറയുന്നുണ്ട് റോമർ കെഴുതി ലേഖനം പന്ത്രണ്ടാമത്തെ ആയ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം റോമർ കെഴുതി ലേഖനത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് പറയുന്ന വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ പതിമൂന്നാമത്തെ വാക്യം പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി ആ ചെറിയ വാക്യം നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനായിട്ട് പറയും കൊലോസിർ കെഴുതിയ ലേഖനം നാലാമധ്യായത്തിലേക്ക് വരുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും കൊലോസിർ കെഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നാലാമത്തെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പീൻ അവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീന്ന് വെച്ചാൽ പേഴ്സർ ഇൻ പ്രേയർ ആൻഡ് വാച്ചിങ് ഇൻ ഇറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ് നന്ദിയോടെ സ്തോത്രത്തോടെ അതിലെപ്പോഴും ജാഗരിപ്പീൻ എന്ന് പറയുന്നു ഒരു വാക്യം കൂടെ നോക്കു നോക്കാം എഫ് ലേഖനം അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് കണ്ടോ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും നമുക്കെങ്ങനെയാ പ്രാർത്ഥിക്കാനായിട്ട് നോക്കുന്നത് നമ്മൾ പലപ്പോഴും മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ഈ ലോകത്തോട് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ബോധ്യമുണ്ടാകുന്നത് നമ്മുടെ വികാരത്തിലോ നമ്മുടെ ചിന്തയിലോ ആണ് എന്നാൽ നമ്മൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ച് റോമർക്ക് എതിലേനം പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് വായിച്ചു കൊലോസിയർ നാലിൻ്റെ രണ്ട് വായിച്ചു ഒടുവിൽ ഇതാ എഫ് എസ് എർ ആറിൻ്റെ പതിനെട്ടിൽ വരുമ്പോൾ അവിടെ അവിടെ നമ്മളൊരു കാര്യം കാണുന്നു ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു നമ്മൾ നമുക്കെന്തുണ്ട് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് ആത്മാവുണ്ട് ഈ ആത്മാവിലാണ് നമ്മൾ ദൈവത്തോടെ ബന്ധപ്പെടുന്നത് ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അതുവരെ മരിച്ചു കിടന്ന ആ ആളിൻ്റെ ആത്മാവ് എന്തു ചെയ്യുന്നു ജീവിപ്പിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങി വസിക്കുന്നു ഇറങ്ങി വസിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് വസിക്കുന്നത് കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയാറുണ്ട് കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഹൃദയമാണോ അല്ല അവിടെയല്ല ഹൃദയം എന്ന് നമ്മളവിടെ ഉദ്ദേശിക്കുമ്പോൾ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഈ ദൈവം തന്നെ കർത്താവ് തന്നെ അവിടുന്ന് ആത്മാവാകുന്നു അങ്ങനെ കർത്താവ് തന്നെ ത ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ വസിച്ച് അങ്ങനെ നമ്മുടെ ആത്മാവിനെ സചേതന സചേതനമാക്കുന്നു ലൈവാക്കി തീർക്കുന്നു ഈ ആത്മാവ് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സജീവമായ ആ ആത്മാവിൽ അവന് എന്തു ചെയ്യാനായിട്ട് കഴിയും ഇവിടെ ഇതാ ആത്മാവിൽ സദാ നേരം ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം നമ്മൾ പലപ്പോഴും ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബോധപൂർവം ബോധപൂർവ്വം കൈകൊണ്ടൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ചിന്ത കൊണ്ട് ചെയ്തു അല്ലെ വികാരം കൊണ്ട് ചെയ്തു ദേഹം ദേഹി ഈ രണ്ട് ഘടകങ്ങളാണ് ദേഹമാണ് കയ്യും കാലും കണ്ണും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ദേഹിയിലാണ് ചിന്തയും വികാരങ്ങളുമൊക്കെ അപ്പോൾ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുക എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് അവനൊരാത്മാവുണ്ട് ആ ആത്മാവ് സജീവമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ ആത്മാവിൽ വസിച്ച് അങ്ങനെ ഉള്ള ഒരു ആത്മാവ് നമുക്ക് നമ്മിൽ സജീവമായിട്ടുള്ളിടത്തോളം ഇവിടെ ഇതായി ഫേസർക്ക് ലേഖനം ആറിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു ഏത് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കും അല്ലെങ്കിൽ റോമർ പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ നമുക്ക് ഒറ്റ ഉറ്റിരിപ്പാനായിട്ട് അല്ലെങ്കിൽ കൊലോസിയർ നാലിൻ്റെ രണ്ടിൽ പറയുന്നത് പോലെ പേഴ്സറിൻ പ്രേയർ പ്രാർത്ഥനയിൽ ആ നിലയിൽ ഉറ്റിരിപ്പാനായിട്ട് കഴിയും ഒരു നമ്മൾ മറ്റ് പല പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത് മറ്റ് പല കാര്യങ്ങളായിരിക്കും നമ്മൾ ദേഹം കൊണ്ട് ദേഹി കൊണ്ട് ചെയ്യുന്നത് എന്നാൽ ദൈവത്തിന് കീഴടങ്ങിയ ഒരു ആത്മാവ് ദൈവത്തിന് നമുക്കുമിടയിൽ ഒരു തടസ്സമില്ലാത്ത ഒരു ആത്മാവിൽ നാം ആയിരിക്കുന്നിടത്തോളം ആ ആത്മാവിൽ നിന്ന് ഓ നമ്മളറിയാതെ തന്നെ ദൈവവും ഒരു സൗരഭ്യവാസന പോലെ ഒരു പ്രാർത്ഥനയുടെ ഒരു ധൂപം ഉയരാനായിട്ട് കഴിയും ഏത് നേരത്തും അങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ അർത്ഥം അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്നുള്ള ഒരു എക്സ്ക്യൂസ് അല്ല പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം അപ്പോൾ തന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കുക ഉറ്റിരിക്കുക ഏത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ നടക്കുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം വേണ്ട നമ്മുടെ ആത്മാവ് ദൈവത്തിന് കീഴടങ്ങിയ ഒരു ആത്മാവാണെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവവും നമുക്കും ഇടയിൽ ഒരു തടസ്സമില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിനും നമുക്കും ഇടയിൽ തടസ്സമായിട്ട് വരാവുന്നതേതാ പാപമാണ് നിങ്ങളുടെ പാപമാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നമ്മളെയും ദൈവത്തെയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ അകറ്റുന്നത് പാപമാണ് അങ്ങനെ ഒരു പാപമുണ്ടായാലുടനെ തന്നെ ആ കാര്യത്തിന് പരിഹാരം തേടി പിന്നെയും ആ ബന്ധം ആ ഹോട്ട്ലൈൻ സജീവമായിട്ട് നമ്മൾ നിർത്തുക അങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ ഓ ദൈവത്തിന് കീഴടങ്ങിയ നമ്മുടെ ഒരു ആത്മാവിൽ നിന്ന് നമുക്ക് ഏത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും പ്രാർത്ഥിപ്പാനും നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പ്രാർത്ഥനയായി തീരാനും ഒക്കെ കഴിയും അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥന എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തീരും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറഞ്ഞ് അതിനെ ഒരു താത്വികമായ ഒരു തലത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് അവസ അവസാനിപ്പിച്ച് പോകാനല്ല എനിക്ക് താല്പര്യം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ജാഗ്രതപ്പെടേണ്ടത് എന്താ ജാഗ്രതപ്പെടേണ്ടത് നമ്മളെന്താ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഏറ്റവും ജാഗ്രതയോട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പേടിച്ചു പോകേണ്ടത് നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നതിനെയാണ് നമ്മളെപ്പോഴും പേടിക്കേണ്ടത് നമ്മുടെ ഹൃദയം കഠിനപ്പെടുക ഒരു പാപം അല്ലെങ്കിൽ ദൈവത്തോടൊരു സജീവതയില്ലാതിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മറ്റു പല കാര്യങ്ങളിൽ മുഴുകിയൊക്കെ ഒരു ഹൃദയം അല്ലെ മറ്റ് ചില തെറ്റായ ചിന്തകളിലൊക്കെ പെട്ട് ഹൃദയം കഠിനപ്പെട്ട് പോവുക കളിമണ്ണ് നമുക്കറിയാം കളിമണ്ണ് നല്ലതാണ് ആളുകൾക്ക് അത് രൂപപ്പെടുത്താനായിട്ട് കഴിയും വെള്ളമൊഴിച്ച കളിമണ്ണ് അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരു കുശവൻ്റെ കയ്യിൽ ആ കളിമണ്ണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാത്രം പോലെ മെനയാനൊക്കെ കഴിയും അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറ് ആ കളിമണ്ണിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കളിമണ്ണ് എന്തോ ചെയ്തു പോകും അത് കട്ടയായി പോകും പിന്നെ വലിയ പാടാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു സജീവത നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാനൊരു ഒരു സമയക്കണക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറിനകമെങ്കിലും നമ്മൾ ദൈവമുമ്പാകെ ഒരു അനുതാപത്തോടെ ഒരു പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഒരു ഒരു വചനം അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു വരി ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ സജീവതപ്പെടുത്തി ദൈവമുമ്പാകെ നമ്മൾ സജീവമായിട്ട് നിന്നില്ലെങ്കിൽ പല പല കാര്യങ്ങളിൽ പെട്ട് നമ്മുടെ ഹൃദയം ഈ കളിവണ്ണ പോലെ അങ്ങ് കട്ട പിടിച്ചു പോയാൽ പിന്നീട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നത് കൂടുതൽ പ്രയാസമുള്ളതായിരിക്കും ഈ ആന്തരികമായ ഒരു നടപ്പിൽ ദൈവം മുൻപാകെ ജീവിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് എപ്പോഴും ദൈവത്തോട് സജീവമായ ഒരു ബന്ധം അതാണ് പ്രാർത്ഥന അതാണ് പ്രാർത്ഥന ദൈവവും നമ്മളും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് ഈ നിലയിൽ അങ്ങനെ നമുക്ക് നിരന്തരം ദൈവത്തോടെ സജീവമായി ബന്ധപ്പെട്ട് ഒരു ഇടവിടാത്ത പ്രാർത്ഥനയോടെ നിരന്തരം പ്രാർത്ഥിച്ചും ആത്മാവിൽ പ്രാർത്ഥിച്ചും നമുക്കായിരിപ്പാനായിട്ട് കഴിയും ഇങ്ങനെ പറഞ്ഞ് ഇതിനെ ഒരു താത്വികമായ തലത്തിൽ അങ്ങ് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാനായിട്ടല്ല മറിച്ച് അക്കമിട്ട് നമ്മൾ പ്രായോഗികമായ തലത്തിൽ നമ്മുടെ വികാരം കൊണ്ടും ചിന്ത കൊണ്ടും തന്നെ ചെയ്യേണ്ട അഞ്ചുകൂട്ടം കാര്യങ്ങൾ ഇതേ തുടർന്ന് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറയാനാണ് എൻ്റെ താല്പര്യം ഒന്നാമത് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് താഴ്മയാണ് താഴ്മയാണ് രണ്ട് ദിനവൃത്താന്തം ഏഴാമധ്യായത്തിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വായിക്കാറുള്ള ഒരു വാക്യമുണ്ടല്ലോ രണ്ട് ദിനവൃത്താന്തം ഏഴാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞേക്കുന്ന വാക്കെന്താ താഴ്ത്തുക താഴ്ത്തുക ഒരു നികളമുള്ള ഒരു ഹൃദയം നികളമുള്ള ഒരു ഹൃദയത്തിന് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയില്ല അപ്പോഴേ ദൈവത്തിന് നമുക്കിടയിൽ ഒരു വിടവ് വന്നു അതേസമയം ആ ആ നിലയിൽ ഏതെങ്കിലും നിലയിൽ ഒരു നികളത്തിൻ്റെ ഇത് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ വീണ്ടും ആ ബന്ധം സജീവമായി ആ പ്രാർത്ഥന നമുക്ക് ആയിരിപ്പാനായിട്ട് കഴിയും ഇവിടെ ഇതാ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് താഴ്ത്തുക എസ്റായയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരിടത്ത് തങ്ങളെ തന്നെ താഴ്ത്താനായിട്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ എട്ടാമത്തെ അധ്യായം എസ്റായുടെ പുസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അവർ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എന്ന് പറയുന്നിടത്ത് ആ ഉപവാസവും പ്രാർത്ഥനയും എങ്ങനെയാ എന്ത് എങ്ങനെയാണ് അവരത് ചെയ്തത് നോക്കുക അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും അവിടെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എന്നാണ് വായിക്കുന്നത് അപ്പം പ്രാർത്ഥനയോട് ചേർന്ന് ഒരു താഴ്ത്തുന്ന ഒരു അനുഭവം താഴ്മയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ജീവിതം പലപ്പോഴും പല കാര്യങ്ങളെ ചൊല്ലി കൊച്ചു കാര്യത്തെ ചൊല്ലി നമ്മൾ ഉയർച്ചയും പ്രശംസയും വരാം അങ്ങനെ ഉയർച്ചയും പ്രശംസയും വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവോന്മുഖമായിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സം വന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മുമ്പേ വായിച്ച ആ വാക്യം കണ്ടോ രണ്ട് ദിനവൃത്താന്തം ഏഴാമധ്യായം ഏഴാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ആ വാക്യം പറയുന്നതാരാ നമ്മൾ ചിലപ്പം വിചാരിക്കും ശലോമോൻ രാജാവാണ് ആ വാക്യം പറയുന്നത് എന്നാൽ ശലോമോൻ രാജാവല്ല ആ വാക്യം പറയുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതിൻ്റെ ശേഷമേ ഹോവ രാത്രി ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ ദൈവം പറയുന്ന വാക്യമായത് ദൈവം തന്നെ പറയുന്ന വാക്യമായത് ദൈവം എന്താ പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ ആ ഒരു ഘടകത്തെ നമ്മൾ തളിക്കളഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ ചെല്ലുകയില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ പ്രാർത്ഥന ഈ ഇതിന് മുകളിലോട്ട് പോകുകയില്ല നമ്മുടെ മനോഭാവം ശരിയല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥന ചെല്ലുകയില്ല ഇവിടെ ഒരു താഴ്മയോടെ ദൈവസന്നിധിയിലായിരുന്നില്ലെങ്കിൽ ഒരു നികളത്തോടെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രശംസിക്കുന്ന ഒരു മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ അങ്ങനെയും പ്രാർത്ഥിക്കാൻ കഴിയും ആളുകളുടെ മുമ്പാകെ ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ ഓ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും പക്ഷേ പിന്നീട് നമ്മൾ കണ്ടെത്തും അയ്യോ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യം വേണ്ട ആ താഴ്മ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ ആത്മാവിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടാവുകയില്ല ചെവി കൊണ്ടിട്ടുണ്ടാവുകയില്ല ഈ ഒരു പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഒരു ആശ്രയത്വത്തെയും താഴ്മയേയും കാണിക്കുന്നു യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ മത്ത എഴുത സുശേഷം ആറാമത്തെയായ അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവം ദൈവത്തോട് മനുഷ്യൻ പ്രാർത്ഥിക്കുക ദൈവം എവിടെ ഇരിക്കുന്നത് ദൈവം ആ സ്വർഗസ്ഥനായ പിതാവ് എന്നാണ് എന്നാണ് യേശു പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിലധിവസിക്കുന്നവനായ വലിയവനായ ദൈവം ആ വലിയവനായ ദൈവത്തോട് ഒരു കൊച്ചു മനുഷ്യൻ ബന്ധപ്പെടുമ്പം ഈ മനുഷ്യനെപ്പോഴും അവൻ സത്യസന്ധനാണെങ്കിൽ അവനിൽ ഒന്നാമത് നിലനിൽക്കേണ്ട ഘടകം എന്താ താഴ്മ തന്നെ കാരണം ദൈവം എവിടെ നിൽക്കുന്നു നമ്മളെവിടെ നിൽക്കുന്നു ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ഇന്നലെ ഒരു മരണ വീട്ടിൽ പോയി ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ സഹോദരന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരൊരു കാര്യം പറയാനും ഇതാണ് മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ധനവാൻ തൻ്റെ തനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ഞാൻ തൻ്റെ ജ്ഞാനത്തിൽ എന്തിനാണ് പ്രശംസിക്കുന്നത് ബൈബിളിലെ ഒരു വചനമാണ് നോക്കറിയാം ഇതാണ് മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ഇതാണ് മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ധനവാനാണ് പക്ഷേ ആ ധനവാനും എന്ത് പറ്റും അവസാനം മരണമേ ഉള്ളൂ മരണമേ ഉള്ളൂ ബലവാനാണ് പക്ഷേ ആ ബലവാനും എന്ത് സംഭവിക്കും അവനെയും കാത്തൊരു മരണമുണ്ട് ജ്ഞാനിയാണ് പക്ഷേ ഈ ജ്ഞാനമൊക്കെ ഏതിൻ്റെ മുമ്പിൽ അസ്തപ്രജ്ഞമായി പോകും മരണത്തിന് മുമ്പാകും ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ധനവാനും തന്നെ ധനത്തിൽ പ്രശംസിക്കുന്നതിന് ശരിയല്ലേ ശരിയല്ലേ ഞങ്ങളിവിടെ വണ്ടി വന്ന് നിർത്തി ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ ഈ ഈ വാക്യങ്ങളെ വീണ്ടും വന്ന് ഒരു വിട്ട ശേഷമാണ് പിരിഞ്ഞു പോയത് നമ്മൾ മനുഷ്യൻ പറഞ്ഞാൽ മർത്യൻ മരണമുള്ളവൻ ഈ മർത്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് അവൻ എപ്പോഴും ആയിരിക്കാൻ കഴിയുന്ന ഒരു നിലപാടെന്താ താഴ്മയുള്ളവനായിട്ടിരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് ഏറ്റവും സത്യസന്ധമായ നിലപാടാ കാരണം അവൻ ഏത് നിമിഷം എന്ത് സംഭവിക്കാം മരണം സംഭവിക്കാം ഈ മണ്ണില് ഈ പുഴുവിനിരയായി തീരാം എത്ര തനവാനായാലും എത്ര ബലവാനായാലും എത്ര ജ്ഞാനിയായാലും ബന്ധുക്കളൊക്കെ എത്ര സ്നേഹിച്ചാലും എത്ര നേരത്തേക്കേ ഈ ജീവൻ വിട്ടു പിരിഞ്ഞേ ഈ ഭൗതിക ശരീരം വെക്കുകയുള്ളൂ ഏഹ് പത്തോ ഇരുപത്തിനാലോ മണിക്കൂർ ഇപ്പോൾ മോർച്ചറി വേറെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടെ വെച്ചേക്കുമായിരിക്കും ഞാനെല്ലാം നല്ല പറയുന്നു അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു വെച്ചാൽ ഇത് പിന്നെ മണ്ണായി തീർന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളു മനുഷ്യനെ ഈ മണ്ണാകുന്നു എന്നൊക്കെ നമ്മൾ വളരെ ഭംഗിവാക്ക് പോലെ പറയാറുണ്ട് ഇതെല്ലാം നമുക്കറിയാം പക്ഷേ ആ പറയുന്ന കാര്യങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചാൽ മനുഷ്യനെന്തേ എന്തിൽ മാത്രമേ അവൻ്റെ മുഖത്തെ താഴ്ത്തി വയ്ക്കാനുള്ളൂ പൊടിയിൽ മാത്രമേ താഴ്ത്തി വയ്ക്കാനുള്ളൂ മനുഷ്യന് സത്യസന്ധമായി എടുക്കാവുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് താഴ്മയാണ് പ്രത്യേകിച്ചും വലിയവനായ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ താഴ്മയില്ലാതെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ആ പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളുകയില്ല സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ യേശു നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു ഘടകമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശോധന ചെയ്യണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകാ കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു എന്ത് ചെയ്തു യേശു താന് തിരക്കിട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷം മലയിലേക്ക് പോയി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കുമായിരുന്നു പകലൊക്കെ പല പ്രവർത്തനങ്ങളും ചെയ്തു പക്ഷെ പകലൊക്കെ പല പ്രവർത്തനങ്ങളിലും ചെയ്യുമ്പോഴും യേശുവിൻ്റെ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിരന്തരം ഇടപെടാതെ ഒരു പ്രാർത്ഥന എന്നൊരു ധൂപം ഉയരുന്നുണ്ടാവും അത് കഴിയുന്നത് താന് താന് ഈ ഭൂമിയിലേക്ക് വന്നപ്പം താൻ തന്നെ തന്നെ താഴ്ത്തി ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളെ നമുക്കറിയാം ഞാനത് വായിക്കുന്നില്ല ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് തന്നെ താൻ താഴ്ത്തി താഴ്ത്തി താഴ്ത്തി താഴ്മയുടെ ഏഴ് പടികളെ യേശു ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി വന്നതുകൊണ്ട് യേശുവിനെ യുദ്ധ ചെയ്യാൻ കഴിയും പിതാവിനോട് എപ്പോഴും ആ പ്രാർത്ഥനയിൽ ബന്ധപ്പെടാനായിട്ട് കഴിയും താഴ്മെന്നുള്ള ഒന്നാമത്തെ ആ ഒരു പടിയിൽ യേശു നമുക്ക് ആ കാര്യത്തിലും മാതൃകയാണ് നമ്മൾ പ്രാർത്ഥന ആത്മാവിൽ നടക്കുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ ദേഹിയിലും നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളക്കമിട്ട് ചില കാര്യങ്ങളെ ചിന്തിക്കുകയാണല്ലോ ഒന്നാമത് നമ്മൾ പറഞ്ഞത് അതൊരു ആശ്രയത്വത്തെ കാണിക്കുന്നു താഴ്മയെ കാണിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എങ്ങനെയുണ്ട് അതിലൊരു താഴ്മയുണ്ടോ അതോ ആളുകൾക്ക് വിളങ്ങേണ്ടതിന് നമ്മൾ നടത്തുന്ന ഒരു ഒരു എക്സസൈസ് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ അത് ദൈവം വില പോവുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് രണ്ടാമത്തെ ഘടകത്തെ നോക്കാം ഒന്നിച്ച് മുതൽ ഒന്നാമത്തെ അധ്യായത്തിൽ അവിടെ ഹന്ന പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് വളരെ പരിചിതമാണ് ഹന്ന പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ ചെന്നു ഏലി പുരോഹിതൻ അത് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ ഹൃദയത്തിൽ വളരെ വ്യസനമുണ്ടായിരുന്നു അവൾ പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു ഘടകമുണ്ട് അത് അതിൻ്റെ ഒന്ന് ശമ്പല ഒന്നാമത്തെയായോ അതിൻ്റെ പത്താമത്തെ വാക്യമാണ് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു കരഞ്ഞു കണ്ണുനീര് കണ്ണുനീര് പ്രാർത്ഥന ആ നിലയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വികാരത്തെക്കൂടെ സ്പർശിക്കും നമ്മൾ ബുദ്ധിപരമായിട്ട് ദേഹിയിലെ ചിന്തയിലായിരിക്കും പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം ഉന്നതത്തിലാണ് ഞാനിങ്ങി താഴെയാണ് ഏത് നിമിഷവും എനിക്ക് മരണം സംഭവിക്കാം ഞാൻ മർത്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്താപരമായിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് എന്നാൽ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളിലേക്കൊക്കെ വരുമ്പം നമ്മൾ നമ്മൾ സത്യസന്ധരായ മനുഷ്യരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ കരയും അത് അക്ഷരാർത്ഥത്തിൽ കണ്ണുനീര് വരണമെന്നില്ല ഒരു ദൈവർത്തിനടിക്ക പറഞ്ഞു താൻ എപ്പോഴും മീറ്റിങ്ങിലിരുന്ന് നമ്മളെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭൃത്യനാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചേടാ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ഏഹ് പലപ്പോഴും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ കരഞ്ഞു പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും നോക്കും ശരിയല്ലേ ശരിയല്ലേ നമുക്കും നമുക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്താലേ അത് കഴിയും ഒരു ശബ്ദത്തിൻ്റെ ഒരു തരി പോലും വെളി കേൾപ്പിക്കാതെ നമുക്ക് ഹൃദയത്തിൽ നിന്നൊരു നിലവിളി ഉയർത്താനായിട്ട് കഴിയും ഞാൻ പറഞ്ഞത് ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടോ ഒരു കണ്ണുനീരിൻ്റെ ഒഴുക്ക് കൊണ്ടോ അതിൽ മാത്രം ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് വെക്കരുത് അതിനു ആഴത്തിലുള്ള ഒരു കാര്യമാണ് കരഞ്ഞു ഹന്ന ദൈവ മനോവസനത്തോടെ യഹോയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്ന് പറയുമ്പോൾ ആ കണ്ണുനീരിലേക്ക് അവളെ നയിച്ച അവളുടെ സ്വന്തം ആവശ്യങ്ങൾ അവളുടെ ഒന്നുമില്ലായ്മകൾ ദൈവത്തിന് മാത്രം പ്രവർത്തിച്ച് അവൾക്കൊരു അനുഗ്രഹം നൽകാൻ കഴിയും എന്നുള്ള അവളുടെ നിസ്സഹായത ഇതെല്ലാം കൂടിക്കൊഴഞ്ഞ് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടായി നമ്മളും യഥാർത്ഥത്തിൽ ആ നിലയിൽ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടാൽ പലപ്പോഴും കണ്ണുനീര് വരും അഥവാ കണ്ണുനീര് വന്നില്ലെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണുനീരില്ലെങ്കിൽ പോലും ഈ കരയുന്ന ആ മനോഭാവത്തിൽ ആ ദൈവവൃത്തൻ പറഞ്ഞതുപോലെ ഒരാളും കേൾക്കാതെ എനിക്ക് കരയാൻ കഴിയും ഒരാളും കേൾക്കാതെ എനിക്ക് നിലവിളിക്കാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആയിരിപ്പാനായിട്ട് കഴിയും കണ്ണുനീർ പ്രിയപ്പെട്ടവരെ കണ്ണുനീരിനെ നമ്മൾ എന്തു ചെയ്യണ്ട അതിനെക്കുറിച്ച് ലജ്ജിക്കണ്ട ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും പ്രായമായി ഇനിയിപ്പം നമ്മൾ കരയൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു നാണക്കേടാണ് അങ്ങനെയല്ല നമ്മൾ കർത്താവിനേക്കാൾ വലിയ ആളുകളല്ലല്ലോ കർത്താവ് എന്തോ ചെയ്തിട്ടുണ്ട് കർത്താവ് പരസ്യമായിട്ട് കരഞ്ഞിട്ടുണ്ട് ഇല്ലേ കർത്താവ് കരഞ്ഞെന്ന് പറയുന്ന ചില രംഗങ്ങളെങ്കിലും നമുക്ക് ഓർമ്മയുണ്ട് ഒന്ന് ലാസറിൻ്റെ ആ കല്ലറയിൽ കരഞ്ഞു ലാസറിൻ്റെ കല്ലറയിൽ കരഞ്ഞു യോഹന്നാൻ്റെ അസോസിയേഷൻ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തഞ്ചാമത്തെ വാക്യം നോക്കുക കുഞ്ഞുങ്ങൾക്ക് വളരെ വരെ വളരെ പരിചിതമായ വാക്യമായി യേശു കണ്ണുനീർ വാർത്ത ആ കണ്ണുനീര് എന്തിൻ്റെ കണ്ണുനീരായിരുന്നു മറ്റുള്ളവരോടുള്ള താൻ സ്നേഹിക്കുന്ന ചിലരുടെ ആ വിഷമങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാനുഷികമായിട്ട് നമുക്ക് തോന്നുന്ന ആ വിഷമത്തിൽ നിന്ന് ഉടലെടുത്ത കണ്ണുനീരായിരുന്നു യേശുവിൻ്റെ അവിടെയുള്ള കണ്ണുനീർ യേശു അങ്ങനെ മാത്രമല്ല വ്യക്തികളോട് ചേർന്ന് മാത്രമല്ല ചില ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും ചേർന്നും കരഞ്ഞു അതെനിക്ക് വലിയ ധൈര്യം നൽകുന്ന ഒരു കാര്യം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിലാണ് യേശു കരഞ്ഞെന്ന് പറയുന്ന മറ്റൊരു വാക്യം യേശു കണ്ണുനീർ വാർത്ത എന്നുള്ള വാക്യം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ അതിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വാക്യം അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു എരിശിലേ നഗരത്തിലേക്ക് യേശു ചെല്ലുന്ന രംഗമാണ് ഹി വെപ്റ്റ് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് യേശു കരഞ്ഞു ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു താന് ആ യരിശിലേം ദേവാലയത്തിലേക്ക് ചെല്ലുക ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പം യരിശിലേമെന്ന് പറയുന്നത് യഹൂദൻ്റെ ഒരു പൊതുവികാരമാണ് ദൈവ ദൈവം ഈ മുഴുവൻ ജാതികളിൽ നിന്ന് യഹൂദനെ മാത്രം തിരഞ്ഞെടുത്തു പഴയനിമ കാലഘട്ടത്തോട് ചേർത്ത് ചിന്തിക്കുക യഹൂദനെ മാത്രം തിരഞ്ഞെടുത്തു എന്നിട്ട് താൻ തന്നെ വലിയവനായി ദൈവം താൻ തന്നെ എഴുന്നള്ളി വസിക്കുന്ന സ്ഥലമായിട്ടൊരു ദേവാലയം ദൈവത്തിൻ്റെ പ്ലാനനുസരിച്ച് ഈ എറശിലേം നഗരത്തിൽ തീർത്തു നമുക്ക് അത്ര അത്ര വലിയ മറ്റേത് നഗരത്തെക്കാളും ദൈവമുമ്പാകെ ആ നിലയിൽ പ്രശംസാപാത്രമായ ഒരു നഗരമായിരുന്നു എരിശിലേം എന്നാൽ ആ എരിശിലേമിലേക്ക് യേശു ചെല്ലുമ്പം ആ ദേവാലയത്തിലേക്ക് യേശു ചെല്ലുമ്പം അതിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് യേശു എന്ത് ചെയ്തു അക്ഷരാർത്ഥത്തിൽ തന്നെ കരഞ്ഞുപോയി കരഞ്ഞുപോയി ഇത് നേരത്തെ മറിയയുടെയും മാർത്തയുടെയും കണ്ണുനീര് കണ്ട് അവരോട് സഹതപിച്ച് കരഞ്ഞതുപോലെയുള്ളൊരു കരച്ചിലാണോ അല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ പിതാവിൻ്റെ പ്രവൃത്തി ഈ നിലയിൽ അപമാനിക്കപ്പെടുന്നല്ലോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആത്മീയമായ ഒരു കണ്ണുനീരായിരുന്നു യേശു കരഞ്ഞു പ്രാർത്ഥനയിൽ താനെ കരഞ്ഞു എന്ന് നമ്മളവിടെ കാണുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം അതേസമയം തന്നെ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ദൈവനാമം വേണ്ടത്ര മഹത്വപ്പെടുന്നില്ലല്ലോ എന്നുള്ളത് തന്നെ നമ്മളെ പ്രാർത്ഥനയിൽ ഒരു കണ്ണുനീരിലേക്ക് നയിക്കുന്നുണ്ടോ യേശു ആ നിലയിലെ ചെയ്തു ഓ നെഹ്മിയാവ് നെഹ്മ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും അവരെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തതിനെക്കുറിച്ച് പ്രാർത്ഥനയിൽ കരഞ്ഞതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ എട്ടാമത്തെ അധ്യായം എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങളുടെ ഈ ദിവസം നിങ്ങളുടെ ദൈവമായ ഹോമയ്ക്ക് വിശുദ്ധമാകുന്നു നിങ്ങൾ ദുഃഖിക്കരുത് കരയുമരുത് എന്ന് നെഹമ്യാവും യസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോകുന്ന ലേവ്യരും ഒക്കെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ജനം എന്തു ചെയ്തു ജനം ഓ ഈ നിലയിൽ കാര്യങ്ങളായല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കുകയും കരയുകയും ചെയ്തു ജനമെല്ലാം ന്യായപ്രമാണവാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു ന്യായപ്രമാണത്തിൽ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതം ആ നിലയിലായിട്ടില്ലല്ലോ അതിൽ നിന്ന് എത്ര താഴെയാണ് എന്ന് കണ്ട് അവർ അതിനെക്കുറിച്ച് കരഞ്ഞു അപ്പോൾ കരയുന്നത് പ്രാർത്ഥനയിൽ കരയുന്നത് പലതിനെക്കുറിച്ചാകാം നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഒരു സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓ അവരുടെ ഒരു ദുഃഖം നമ്മുടെ ഹൃദയത്തെ അലിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കരയാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ന്യായ എന്നുള്ള കാര്യവും നമ്മളെ ഒരു കണ്ണുനീരിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ യേശു നഗരത്തെ നോക്കി കരഞ്ഞതുപോലെ ഓ ദൈവത്തിൻ്റെ നാമം നമ്മളായിരിക്കുന്നിടത്ത് ആ നിലയിൽ മാനിക്കപ്പെടുന്നില്ലല്ലോ ദൈവ ഈ കാര്യത്തിൽ എനിക്കെന്താ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ അതും നമ്മളെ വികാരപരമായി ഒരു കരച്ചിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും യേശുവിൻ്റെ നിലവിളി ഈ നിലയിലുള്ള നിലവിളികളാണ് നമ്മൾ എബ്രായർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ നിലവിളിയോട് ചേർത്ത് പറയാറുണ്ടല്ലോ അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ എന്ത് ചെയ്തു ഐഹിക ജീവിതകാലത്ത് ഉറച്ച നിലവിളിയോടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും നമ്മൾ കണ്ണുനീരെന്നൊരു കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ഒരു ഘടകം കണ്ണുനീർ യേശുവിനെ സംബന്ധിച്ച് കണ്ണുനീരുണ്ടായിരുന്നു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു കാര്യമുണ്ടോ അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണിൽ നിന്ന് എപ്പോഴും കണ്ണുനീര് വരുന്ന ആളുകൾ പല ടെമ്പറമെൻ്റുള്ള ആളുകളാണ് പല പ്രകൃതമുള്ള ആളുകളാണ് ചിലർ കൊച്ചുകാര്യത്തിന് പെട്ടെന്ന് കരയുന്ന ആളുകളാണ് മറ്റ് ചിലർ അത്രത്തോളം കരയുകയില്ല ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിലൊരു കണ്ണുനീരിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ആ നിലയിൽ വെളിയിലാരും കേൾക്കാതെയും എനിക്ക് കരയാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു ഘടകമുണ്ടോ എന്നാണ് നമ്മളെ ചിന്തിച്ചത് പ്രാർത്ഥനയിൽ വേണ്ട മൂന്നാമത്തെ ഒരു ഘടകം രണ്ട് ദിനവൃത്താന്തത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും ചനയും കേട്ട് നമ്മൾ പ്രേരണയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പ്രാർത്ഥനയോട് ചേർന്ന് വേറൊരു പ്രയോഗം കൂടെ നമ്മളിവിടെ കാണുന്നു യാചന സപ്ലിക്കേഷൻ യാചന എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥനയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അത് പൊതുവായ ജനറലായ പ്രാർത്ഥന എന്നുള്ളതിനാണ് പ്രയർ എന്ന വാക്കുപയോഗിക്കുന്നത് എന്നാൽ പെറ്റീഷൻ അല്ലെങ്കിൽ സപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തോട് ബന്ധപ്പെട്ടുള്ള യാചന അതാണ് യാചന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും പോകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ബോധ്യം തരുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്രയും വേഗം ഒരു ഉത്തരം കിട്ടേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു യാചന ഒരു സപ്ലിക്കേഷൻ ഒരു പെറ്റീഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരും നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു കാര്യമുണ്ടോ നമ്മൾ അതോ പൊതുവായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങ് പോവുകയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ നമുക്ക് മറുപടി തന്നില്ല എന്നുള്ള കാര്യം കണ്ടെത്തും കർത്താവും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു അധ്യായം മത്തായി എഴുതി സുശേഷം ഏഴാമധ്യായമാണല്ലോ ഏഴാമധ്യായത്തിൽ അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെയും നമ്മൾ കാണുന്നുണ്ട് അവിടെ കർത്താവ് പറയുന്നു യാചിപ്പി യാചിക്കുക നമ്മളിപ്പോൾ പറഞ്ഞ അഭയയാചന എന്ന് പറയുന്ന സപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം കർത്താവ് പറയുക യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും കണ്ടോ അവിടെ പറയുന്നത് ആസ്ക് സീക്ക് നോക്ക് ഇങ്ങനെയാണ് പറയുന്നത് ചോദിക്കുക യാചിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ നിരന്തരം യാചിക്കേണ്ടി വരുന്നത് ആദ്യത്തെ യാചനയിൽ തന്നെ അതിന് മറുപടി കിട്ടിയില്ല മറുപടി കിട്ടിയില്ല സഹോര സഹോരി ഞാനും നീയും ഒരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു ആ ഞാന് പ്രാർത്ഥിച്ചു ദൈവം മറുപടി തന്നില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പം പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞു പോവുകയാണോ വേണ്ടത് അല്ല കർത്താവ് പറയുന്നു യാചിപ്പീൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിപ്പീൻ അഭയാചന അതിനെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വേറെ രണ്ട് ഉദാഹരണങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട് അന്വേഷിച്ചാലേ കണ്ടെത്തുള്ളൂ നമ്മൾ ഏതെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ച് മറന്നു നമ്മുടെ കണ്ണാടി എവിടെയെങ്കിലും വെച്ച് മറന്നു ആ ഞാനൊന്നും നോക്കി എൻ്റെ കണ്ണാടി കണ്ടില്ല എന്നാൽ ഇനിയിപ്പോൾ ഞാൻ അന്വേഷിക്കുന്നില്ല അങ്ങനെയാണോ ഇല്ല വായിക്കേണ്ടി ഒരാൾ എന്താ ചെയ്യും അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അത് കട്ടലിൻ്റെ അടിയിൽ നിന്ന് കണ്ണാടി കണ്ടെത്തും അന്വേഷിപ്പീ എന്നാൽ നിങ്ങൾ കണ്ടെത്തും അതിൻ്റെ പിന്നിൽ ഒരു ഒരു പേഴ്സിവറൻസ് ഉണ്ട് ഒരു സ്ഥിരോത്സാഹമുണ്ട് അതിൻ്റെ പിന്നിൽ ആ ഞാനൊന്നു ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഏ കുട്ടികളൊക്കെ ഈ തീയെ തൊടാൻ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിലല്ല ചിലപ്പോൾ ചൂടുണ്ടോന്ന് നോക്കാൻ വേണ്ടി നമ്മൾ അതേ തൊട്ട് നോക്കാൻ പോകുന്ന നിമിഷം തന്നെ നമ്മളെന്താ തൊടുന്നു കൈ പിൻവലിക്കുന്നു എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മളത് തൊട്ട് നോക്കുന്നത് ചൂടുണ്ടോന്ന് നോക്കുന്നു അങ്ങനെ ഒരു മനോഭാവത്തിലല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് എന്താ മറിച്ച് യാചിച്ചുകൊണ്ടേ ഇരിക്കുക അന്വേഷിച്ചു കൊണ്ടേ കണ്ടെത്തുകയുള്ളൂ എന്നിട്ട് യേശു മറ്റൊരു ഉദാഹരണം പറയുക മുട്ടിക്കൊണ്ടിരുന്നാലേ തുറക്കുള്ളൂ ആരെങ്കിലും ഒരു വാതിലൊന്നും മുട്ടി തുറന്നില്ല എന്ന് പറഞ്ഞു ആ ഇനി തുറന്നില്ല എന്നാൽ ഞാനെൻ്റെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമോ തിരിഞ്ഞു പോയാൽ ആ ആൾ ഒരിക്കലും വീടിനുള്ളിൽ കിടക്കുകയില്ല സഹോരാ സഹോരി അപ്പോൾ ഈ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ ഘടകം ആ നമ്മൾ പറഞ്ഞ യാജിപ്പീൻ എന്ന് പറഞ്ഞത് ഒന്ന് ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ള യാചന അതിനെ പ്രതിദാനം ചെയ്യുന്നു രണ്ട് നിരന്തരം നമ്മൾ അതിനുവേണ്ടി മുട്ടിക്കൊണ്ടേയിരിക്കുന്ന അത് കണ്ടെത്തുന്നവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന തുറക്കുന്നവരെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം ഉ ഉള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ് അത് കാണിക്കുന്നത് ഈ കാര്യത്തിലും യേശു നമുക്ക് മാതൃകയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ താഴ്മയുടെ കാര്യത്തിൽ യേശു മാതൃകയാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കണ്ണുനീരിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥനയിൽ യേശു നമുക്ക് മാതൃകയാണെന്ന് പറഞ്ഞു നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നതും ചോദിച്ചു ആ കാര്യത്തിലും അഭയാചനയുടെ കാര്യത്തിലും യേശു മാതൃകയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യം തന്നെയാണ് അതിന് തെളിവായിട്ടുള്ളത് എബ്രായർ കരുതി ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും അഭയയാചന ആൻഡ് സപ്ലിക്കേഷൻ അഭയയാചന അത് കർത്താവ് നടത്തിക്കൊണ്ടിരുന്നു കർത്താവിന് തൻ്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുന്നത് വരെ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രാർത്ഥന ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പ്രാർത്ഥനയുടെ നാലാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ് ഏറ്റുപറച്ചിൽ എസ്റായയുടെ പുസ്തകം എസ്രായയുടെ പുസ്തകത്തിലാണ് എസ്രായി നെഹ്മ്യാവിലുമാണ് പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പല വാക്യങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്നത് അതിൽ എസ്രായയുടെ പുസ്തകം പത്താം അധ്യായത്തിൽ നോക്കുക അവരവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവരെ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണുന്നു പത്താം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആകെയാലിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോയുടെ പാപമേറ്റു പറയുകയും ഏറ്റുപറയുക പാപമേറ്റു പറയുക നെഹമ്യാമിൻ്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിൽ ഈ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവരെന്ത് ചെയ്തു അവരെ യഹോയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഏറ്റു പറയുന്ന ഒരു ഘടകം നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവണം എന്തുകൊണ്ടാണ് ഏറ്റുപറച്ചിൽ വേണ്ടത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് ഏറ്റുപറച്ചിൽ വേണ്ടത് നമ്മുടെ ഏറ്റവും നല്ലതുപോലും ഏറ്റവും നന്നായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം പോലും അത് ദൈവത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പാകെ ചെല്ലുമ്പം നമ്മൾ കണ്ടെത്തും അതിലൊക്കെ സ്വാർത്ഥതയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തും ഈ ചിത്രകാരന്മാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചിത്രകാരന്മാരുടെ വലിയ ചിത്രകാരന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അവർ വരയ്ക്കുന്ന ചിത്രത്തിൽ അവരുടെ കയ്യടെ പാട് പതിയരുത് എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ വിചാരിക്കും എന്തോ എന്താ ഇത് അതായത് അവർ ഒരു പടം വരയ്ക്കുക പടം വരയ്ക്കുമ്പോൾ വരച്ചു അവരുടെ ഏറ്റവും വലിയ തടസ്സം അവരുടെ കൈ തന്നെ ആ കൈ എന്തോ ചെയ്യും ഈ പടത്തെ മുട്ടും പടത്തെ മുട്ടും ഒരു കൈത്തഴക്കം അങ്ങിങ്ങ് അങ്ങിങ്ങ് കാണും അതുണ്ടാകാതിരിക്കാനാണ് യഥാർത്ഥത്തിലുള്ള വലിയ ചിത്രകാരന്മാരുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് മനോഹരമായ ഒരു ചിത്രം രചിക്കുക ദൈവവചനം നമ്മുടെ മുമ്പിൽ ഒരു വലിയ സ്റ്റാൻഡേർഡ് വലിയ നിലവാരം വെക്കുന്നു നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ ചിന്തയിൽ ആ ആളുകളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലിലൊക്കെ നമ്മൾ ആർക്ക് തുല്യനാകാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അതീ കുറഞ്ഞൊന്നല്ല കണ്ടോ ഏറ്റവും വലിയൊരു നിലവാരമാണ് നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത് ആ ഒരു നിലവാരത്തെ നോക്കുമ്പോൾ നമ്മൾ ഒരു സഹോദരനെ സഹായിച്ചു നമ്മുടെ കയ്യിൽ നിന്ന് പണമൊക്കെ കൊടുത്ത് വളരെ സഹായിച്ചു അദ്ദേഹവും വളരെ നന്ദി പറഞ്ഞു കണ്ട് നിന്നവരും ഓ ഇത്രയും മ നല്ല സഹോദരൻ ഉണ്ടോ എന്ന് പറഞ്ഞ് കണ്ടു നിന്നൊരു കൈയ്യടിച്ചു എല്ലാം കൊള്ളാം നമ്മൾ കോളറൊക്കെ എടുത്ത് പിടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ തോന്നും അയ്യോ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരനുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആർക്കും അതിൻ്റെ അകത്ത് ഒരു കളങ്കവും പറയാനില്ല എങ്കിലും എങ്കിലും എവിടെ എവിടെയോ ഓ ഇപ്പോഴും ആ നിലയിലായി തീർന്നിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കണ്ടെത്തലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെ നിർണയിക്കുന്ന ഘടകം സഹോദര സഹോദരി നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ഞാനെല്ലാം എന്നൊരു തൃപ്തി വന്നോ നിൻ്റെ ക്രിസ്തീയ ജീവിതം അവിടെ തീർന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരോഗതി അവിടെ തീർന്നു അതേസമയം ഞാനായിട്ടില്ല ഞാൻ ഏറ്റവും നന്നായിട്ട് പെരുമാറി എൻ്റെ അടുത്ത് വന്നവരോട് ഏറ്റവും നന്നായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ചിലരോട് ചിലരെ സഹായിച്ചു ചില കാര്യങ്ങൾ ചെയ്തു ഇതെല്ലാം ചെയ്തതിന് ശേഷവും ആ ചിത്രകാരൻ തൻ്റെ ചിത്രത്തിൽ തൻ്റെ കൈയുടെ പാട് കാണുന്നത് പോലെ നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ പല തരത്തിലുള്ള ദൈവത്തിൽ നിന്ന് അന്യമായ മനോഭാവങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സഹോദരാ സഹോരി നീ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് അത് നിന്നെ ഒരു കരച്ചിലേക്ക് നയിക്കും അത് പിന്നെയും കർത്താവിനെ ആശ്രയിപ്പാൻ നിന്നെ പ്രേരിപ്പിക്കും അത് നിന്നെ ഒരു ഏറ്റുപറച്ചിലേക്ക് നടത്തും ദയമേ ദയമേ ഞാൻ എന്ന് പറഞ്ഞുള്ള നമ്മുടെ തന്നെ ഒന്നുമില്ലായ്മ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റുപറച്ചിൽ ഇവിടെ ഇതാ എസ്രായയുടെയും നെഹ്മിയാവിൻ്റെയും ഒക്കെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത് അവർ ന്യായ ആ സ്റ്റാൻഡേർഡ് കണ്ടപ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഒരു യാമത്തോളം ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞു കർത്താവായ യേശു നമ്മുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മുടെ മാതൃകയാണെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ കർത്താവിനങ്ങനെ ഏറ്റുപറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഘടകമൊഴിച്ച് ബാക്കിയെല്ലാ കാര്യത്തിലും അഞ്ച് കൂട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ അഞ്ച് കൂട്ടത്തിലും കർത്താവ് നമ്മുടെ മാതൃകയാണ് ഈ ഒരു കാര്യത്തിൽ ഒഴികെ കാരണം കർത്താവിന് ആ നിലയിൽ കൺഫസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മുടെ മാതൃക കർത്താവാണ് കർത്താവാണ് ഹൺഡ്രഡ് നമ്മൾ ആ നൂറ് ശതമാനത്തിലേക്ക് എത്താനുള്ള പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ പോകുമ്പോൾ ആ ഒരു നിലവാരം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ഏറ്റു പറയാൻ പല കാര്യങ്ങളുണ്ട് സഹോദര സഹോദരി രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അന്നത്തെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് ഏറ്റുപറയാനും ഒന്നുമില്ല എന്ന് കണ്ടാൽ അവിടെ എന്തോ ഒരു അപകടമുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് അതേസമയം ഏറ്റുപറച്ചിൽ യഥാർത്ഥ പ്രാർത്ഥനയുടെ ഒരു ഘടകമാണ് കാരണം യേശുവാണ് നമ്മുടെ മാതൃക എന്നുള്ളത് കൊണ്ടാണ് അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അത് നന്ദി പറയുന്നതാണ് സ്തുതിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയിൽ ഒരു താങ്ക്സ് ഗിവിംഗ് ഉണ്ടാവണം ദാനിയലിൻ്റെ പുസ്തകം ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് ദാനിയലിൻ്റെ പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ദാരിയാവേശി രാജാവ് ആ പശ്ചാത്തലം നമുക്കറിയാം ദാരിയാവശി രാജാവിൻ്റെ അടുത്ത് മറ്റുള്ളവരെല്ലാം കൂടെ ചെന്ന് ദാനിയലിനെ ഒരു കുടുക്കിലാക്കാൻ വേണ്ടി പറയുന്നു മറ്റൊരു കാര്യത്തിലും നമുക്കിവനെ ഈ ദാനിയലിനെ പിടിക്കാനൊക്കെ ഇല്ല മറിച്ച് ഇവൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിലേ ഇവനെ നമുക്ക് പിടിക്കാനൊക്കെ ഉള്ളൂ എന്നവൻ്റെ കൂടുള്ള ആൾക്കാരെല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് അവർ ചെന്ന് ദാരിയാവേശി രാജാവിനോട് പറയുന്നു രാജാവേ മുപ്പത് ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജ്യനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപതിമാരും മന്ത്രിമാരും ദേശാധിപിപാര്യന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു ഏ നോക്കെ ദാനിയലിനെ പോലെ ഒരാളെ വിഷമത്തിലാക്കാൻ വേണ്ടി ആരെല്ലാം ഒന്നിച്ചു അവരെല്ലാം ചെന്നത് പറയുക ധാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോൾ ആ മഠയനായ രാജാവ് ദാരിയാവേശ എന്ത് ചെയ്തു ദാരിയാവേശം വിചാരിച്ചു ഉള്ളതാ ഓ ഞാനല്ലേ രാജാവ് എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവും പറഞ്ഞു താന് അങ്ങനെ ഒരു രേഖ രേഖയും ഒരു വിരോധന കല്പനയും എഴുതിച്ചു അതിൻ്റെ പത്താമത്തെ വാക്യം എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയയിൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു നമുക്ക് പരിചിതമായ വാക്യമാണ് ഏ ഇങ്ങനെ ഒരു രേഖ രേഖ എഴുതുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രാജകൊട്ടാരത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ആർക്കറിയാം ദാനിയലിനറിയാം പക്ഷെ ഒടുവിൽ ആ രേഖ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ദാനിയൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ ഇരിസ്ലൈമിൻ്റെ നേരത്തെ തുടർന്നിരുന്നു ന താൻ ചെയ്തു വന്ന പോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആ വാക്യം വായിച്ചത് താങ്ക്സ് ഗിവിങ് സ്തോത്രം നന്ദി നമ്മുടെ പ്രാർത്ഥനയിൽ അവശ്യം ഒരു ഘടകമാണ് നന്ദി പറയുന്നത് നന്ദി പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ ചിലപ്പോൾ നന്ദി പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട് തന്നെ ആനന്ദിച്ച് സന്തോഷിച്ച് പറയുന്ന ദൈവത്തിന് പിതാവിന് നന്ദി പറയുന്ന ഒരു ഒരു ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ ലൂക്കോസിൻ്റെ സുശേഷം അതിൻ്റെ പത്താമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവയെ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു മലയാളത്തിൽ ചിലപ്പോൾ വായിച്ചാൽ നമുക്കത് വാഴ്ത്തുന്നു നന്ദി പറയുന്നു ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയില്ല വാഴ്ത്തുന്നു താങ്ക്സ് ഗിവിംഗ് ആണ് നന്ദി പറയുകയാണ് യേശുവും തൻ്റെ പ്രാർത്ഥനയിൽ അതാ പിതാവ് നിനക്കെങ്ങനെയാണല്ലോ ഇഷ്ടം തോന്നിയത് നിനക്കെങ്ങനെയാണല്ലോ പ്രസാദം തോന്നിയത് ഇത് വലിയ ആളുകളുടെ കണ്ണുകൾക്ക് മറച്ച് ഓ ഈ പാവപ്പെട്ട ആളുകൾക്കാണല്ലോ വെളിപ്പെടുത്തിയത് ശിശുക്കൾക്കാണല്ലോ നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് കർത്താവും തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രാർത്ഥനയിൽ ആ നന്ദിയുടെ ഒരു ഘടകം ഉണ്ടായിരുന്നു നമ്മൾ മുമ്പേ വായിച്ച കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചിടത്തും ഈ ഒരു ഘടകം എടുത്തു പറയുന്നുണ്ട് കൊലോസിയർ അതിൻ്റെ നാലാമദ്ധ്യായ രണ്ടാമത്തെ വാക്യം പ്രാർത്ഥനയിലുറ്റിരിപ്പേൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പീൻ സ്തോത്രം എന്ന് പറയുന്നത് എന്താ താങ്ക്സ് ഗിവിങ് താങ്ക്സ് ഗിവിങ് ദൈവത്തിന് ഒരു നന്ദി പറയുക സാധാരണ ആളുകൾ നന്ദി പറയുന്നത് എപ്പോഴാണ് സാധാരണ ആളുകൾ നന്ദി പറയുന്നത് ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോഴല്ലയോ നന്ദി പറയുന്നത് എന്നാൽ ഈ പ്രാർത്ഥനയിലെ നന്ദി പറിച്ചതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താ നമ്മൾ ഈ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു നമ്മളെ തന്നെ താഴ്ത്തി കണ്ണുനീരോടെ അപേക്ഷിച്ചു ഇതെല്ലാം കഴിഞ്ഞേച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ കർത്താവേ അത് ചെയ്തു തന്നതിനായിട്ട് നന്ദി അത് ചെയ്തു തന്നതിനായിട്ട് അതിന് ഉത്തരം ഇരുളിയതിനായിട്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ അഞ്ചാമത്തെ ഘടകം ആ നന്ദി പറിച്ചില പക്ഷേ ആ നന്ദി പറിച്ചിൽ വരുമ്പം ഇത് കേട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾ വന്ന് നമ്മളോട് ചോദിക്കും സുഹൃത്തെ നിങ്ങളെന്താ ഇപ്പോൾ പറഞ്ഞത് ഏഹ് നിങ്ങളൊരു താങ്ക്സ് പറഞ്ഞല്ലോ ദൈവത്തിന് ദൈവം എന്തെങ്കിലും ചെയ്ത് തന്നോ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വല്ല വ്യത്യാസവും വന്നോ അവസ്ഥയ്ക്കൊരു വ്യത്യാസവും വന്നില്ല പക്ഷേ നമ്മൾ ഈ നന്ദി പറഞ്ഞത് എവിടെ നിന്നാണ് നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ് നന്ദി പറഞ്ഞത് നമ്മൾ മുമ്പേ വായിച്ച ദാനിയലിൻ്റെ ആ കാര്യം നോക്കിയാൽ ദാനിയലിൻ്റെ ദാനിയൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നം മാറിയോ ഇല്ല പിന്നെ ആ പ്രശ്നം തുടങ്ങുന്നതേ ഉള്ളൂ ദാനിയേലിങ്ങനെ പ്രാർത്ഥിച്ചെന്ന് കണ്ട ഒടുവിൽ ചെന്ന് ദാരിയാവേശിനോട് പറഞ്ഞ് ദാരിയാവേശമൊക്കെ കൂടെ പിടിച്ച് എന്ത് ചെയ്തു സിംഹങ്ങളുടെ ഗുഹയിലിട്ട് പിന്നീടാണ് അതിൻ്റെ മറുപടി പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേ കണ്ടുള്ളൂ എന്നാൽ ദാനിയൽ എന്തു ചെയ്തു ദാനിയൽ പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പത്തന്നെ അതിന് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നമ്മൾ പലയിടത്തും ബൈബിളിലെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം കർത്താവ് അഞ്ചപ്പം എടുത്ത് അഞ്ചപ്പവും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ അവിടെ എന്താ കർത്താവ് ചെയ്തത് യോഹനൻ്റെ സുവിശേഷം ആറാമധ്യായത്തിൽ നിങ്ങളാ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവ് ബാലൻ്റെ കയ്യിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന അപ്പവും മീ മീനും വാങ്ങിച്ചിട്ട് കർത്താവ് പിതാവേ ഈ ബാലൻ്റെ കയ്യിൽ നിന്ന് ഇതാ അവൻ്റെ അമ്മയോ മറ്റോ കൊടുത്തയച്ച ഈ അഞ്ചപ്പവും രണ്ട് മീനും ഞാനിതാ വാങ്ങിക്കുന്നു ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇതിനെ വർദ്ധിപ്പിച്ചു തരണേ എന്ന ഒന്നുമല്ല കർത്താവ് പ്രാർത്ഥിച്ചത് ആറിൻ്റെ പതിനൊന്ന് നമ്മളെ കണ്ടോ അവിടെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി അപ്പം എടുത്തിട്ട് കർത്താവ് ഒരു കാര്യമേ ചെയ്തുള്ളൂ എന്താ ചെയ്തത് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു പിതാവേ നീ ഇതിനെ ഈ അയ്യായിരം പേർക്ക് ഉള്ള ഇതായിട്ട് വർദ്ധിപ്പിച്ച് താങ്ക്സ് വർദ്ധിപ്പിച്ചോ വർദ്ധിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് വെളിപ്പെടാനിരിക്കുന്നേ ഉള്ളൂ ഇവർ വിളമ്പുമ്പോഴാണ് ഈ അയ്യായിരം പേർക്കിത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് പക്ഷേ യേശു എപ്പോൾ പറഞ്ഞു യേശു നേരത്തെ പറഞ്ഞു നമുക്കറിയാം പല രംഗങ്ങളും നമ്മൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ഓ ഇസ്രായേൽ മക്കൾ യേശുയുടെ പുസ്തകത്തിൽ അവരെ എരീഹോ കോട്ടയുടെ മുമ്പാകെ അവരെല്ലാം കൂടെ അവസാനം ഏഴ് പ്രാവശ്യം ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം വലം വച്ച് ദയമേ ഈ വലിയ കോട്ട ഞങ്ങളുടെ മുമ്പിൽ തകർത്തതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് അവരെ ആർപ്പിട്ടപ്പോഴാണ് എന്തോ പറ്റിയത് കോട്ട ഇടിഞ്ഞു വീണത് അല്ല കോട്ട ഇടിഞ്ഞു വീണിട്ടല്ല നീ നന്ദി പറയേണ്ടത് നാട്ടുകാർ സാധാരണ മനുഷ്യർ നന്ദി പറയുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ നന്ദി പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് സഹോര സഹോരി നീ ഞാനും പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ അത് നടന്നു എന്ന് കണ്ട് വിശ്വാസത്തിൽ കണ്ടാണ് നമ്മൾ നന്ദി പറയേണ്ടത് കർത്താവ് പറയുക പിതാവേ ഈ അഞ്ചപ്പവും രണ്ട് മീനും ഇത്രയും പേർക്ക് ആവശ്യത്തിന് നീ വർദ്ധിപ്പിച്ചു തന്നതിനായിട്ട് സ്തോത്രം അല്ല വർദ്ധിപ്പിച്ച് തരണേ എന്നല്ല കർത്താവ് അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ എരിഹോയുടെ മുമ്പാകെ അവർ ആർപ്പിട്ടപ്പോഴത് വീണു ഇവിടെ ഈ കാര്യത്തോട് ചേർത്ത് നമ്മൾക്ക് സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നോക്കാം അൻപതാമത്തെ സങ്കീർത്തനം അൻപതാം സങ്കീർത്തനത്തിൻ്റെ ഈ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതേ കാര്യം വളരെ മനോഹരമായി പറയുന്നുണ്ട് അൻപതിൻ്റെ ഇരുപത്തി മൂന്ന് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സ്തോത്രം താങ്ക്സ് ഗിവിങ് സ്തോത്രം നന്ദി ദൈവത്തെ പുകഴ്ത്തുന്ന ആ സ്തോത്രം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ഈ വാക്യം വേറൊരു വേർഷനിൽ ഇങ്ങനെയാണ് കാണുന്നത് അത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുമെന്നുള്ളതിന് പകരം ഞാൻ അവന് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുമ്പം അർപ്പിക്കുമ്പം അവന് ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു വഴിയെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു വർഷനിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ആൻ ഹീ പ്രിപ്പേഴ്സ് ദ വേ സോ ദാറ്റ് ഐ മേ ഷോ ഹിം ദ സാൽവേഷൻ ഓഫ് ഗോഡ് ദൈവത്തിന്റെ രക്ഷയെ അവനെ കാണിക്കತಕ್ಕവണ്ണം ഒരു പാതയുണ്ടാക്കുന്നതിನೈಟ್ ಅವನು എന്തോ ചെയ്യുന്നു ಸ್ತೋತ್ರം പറയുന്നു அப்ப ನಾವು ಸ್ತೋತ್ರಂ പറಯಿಹೇವು ನಾವು ನನ್ನಿ ಪರಿಯಿಹೇವು ನಾವು ಎಂತುವಾ ಒಂದು ಪಾತೆ ಉണ്ടാಕೇ ಎಂದಾ ದೈವತ್ತೆന്റെ രക്ഷ ಅದಿನೋಡಳ್ಳ ಬಂಧತில் പ്രവർത്തിച്ചെടുക്കാൻ ദൈവത്തിന് വരാനൊരു പാത നമ്മൾ നിരപ്പാക്കുക നമ്മൾ സ്തോത്രം പറയുമ്പോൾ ചെയ്യുന്നത് അന്നേരം അതിൻ്റെ റിസൾട്ട് വന്നോ റിസൾട്ട് വന്നില്ല അതുകൊണ്ടാണ് ഇതിനെ സ്തോത്രമെന്ന യാഗം എന്ന് പറയുന്നത് യാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ സ്തോത്രം എങ്ങനെയാണ് യാഗമാകുന്നത് യാഗമാകുന്നത് യാഗം എന്ന് പറയുമ്പോൾ ഒരു സാക്രിഫൈസല്ലേ സാക്രിഫൈസിലെന്തുണ്ട് ഒരു വേദനയുണ്ട് ഒരു രക്തം പൊടിയും സാക്രിഫൈസിൽ ഒരു ഒരു ബലിയിൽ ഈ സ്തോത്രം നന്ദി പറയുന്നിടത്ത് എവിടെ രക്തം പൊടിഞ്ഞത് അല്ലെങ്കിൽ വേദന വന്നത് ഓ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ നന്ദി പറയുമ്പം നമ്മളെന്താ ദൈവമേൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതിനായിട്ട് സ്തോത്രം കുഞ്ഞ് സൗഖ്യമായോ നൂറ്റെട്ട് ഡിഗ്രി പനിയിൽ അന്നേരം കിടക്കുക അത് പറയുമ്പോൾ എന്തുണ്ട് നന്ദി പറയുമ്പോഴെന്തുണ്ട് ഒരു യാഗം അവിടെ ഉണ്ട് ഒരു കണ്ണുനീരവിടുണ്ട് അവിടെ ഒരു ചോര പൊടിയുന്നുണ്ട് ഒരു വേദന അറിയുന്നുണ്ട് യാഗം ബലി അർപ്പിക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു വേദനയുണ്ട് സ്തോത്രത്തെ ഇവിടെ യാഗത്തോട് ചേർത്താ പറഞ്ഞേക്കുന്നു പ്രിയപ്പെട്ടവരെ സാധാരണ നമ്മൾ നമുക്കെല്ലാം പരിചിതമായ ഒരു വാക്യം ആ സ്തോത്രം സ്തോത്രം രണ്ടുപേര് നമ്മിൽ കാണുമ്പോൾ കൈ കൊടുക്കുമ്പോൾ സ്തോത്രം സ്തോത്രം അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതെന്താ അല്ല പലപ്പോഴും സ്തോത്രമെന്ന യാഗമല്ല സഹോര സഹോരി നമുക്കതിൻ്റെ മറുപടി കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ അതിനെ നന്ദി പറയുമ്പോൾ അതൊരു സ്തോത്രമെന്ന യാഗമാണ് മുൻകൂർ നന്ദി പറയുന്നതാണ് അങ്ങനെ ഒരു ഘടകം നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവണം ഞാനിതെല്ലാം ചേർത്ത് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാൻ വേണ്ടിയാണ് പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇതാ അതിൻ്റെ മുപ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മുപ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സുഗന്ധവർഗ്ഗത്തെക്കുറിച്ചാണ് പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇരുപത്തിരണ്ട് മുതലുള്ള അവിടെ അവിടെ ഒരു വിശുദ്ധ ഒരു തൈലമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സുഗന്ധവർഗം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കണ്ടോ അതിൻ്റെ അകത്ത് അഞ്ചുകൂട്ടം കാര്യങ്ങളുണ്ട് നമ്മൾ മലയാളത്തിൽ ചിലപ്പം വായിക്കുമ്പോൾ നാലായിട്ടേ തോന്നുള്ളൂ എന്നാൽ ഇംഗ്ലീഷിലൂടെ ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ അഞ്ച് ഘടകങ്ങളുണ്ട് മൂരുണ്ട് സുഗന്ധ ലവങ്കമുണ്ട് വഴനത്തൊലിയുണ്ട് ഒരു ഹീന് ഒലിവെണ്ണയുണ്ട് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഫ്രാഗ് ആൻഡ് കെയ്ൻ എന്ന് പറഞ്ഞ ഒരു കാര്യം അത് വേണ്ടതുപോലെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പഴയ പഴയ മലയാളം ബൈബിൾ അപ്പം നോക്കുക യഥാർത്ഥത്തിൽ ദൈവത്തിനൊരു ആ നിലയിൽ ഒരു വിശുദ്ധ സുഗന്ധവർഗ്ഗം നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് പ്രാർത്ഥന ഒരു സുഗന്ധവർഗമാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഈ സുഗന്ധവർഗ്ഗത്തിൽ എത്ര ഘടകമുണ്ട് അഞ്ച് ഘടകമുണ്ട് നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞത് താഴ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് നമ്മുടെ പ്രാർത്ഥനയിൽ താഴ്മയുണ്ടാവണം കണ്ണുനീരുണ്ടാവണം യാചന ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ ഏറ്റുപറച്ചിലുണ്ടാവണം നന്ദി ഉണ്ടാവണം നന്ദി പറച്ചിലുണ്ടാവണം ഈ അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലുള്ളപ്പോൾ അതിനെന്താ അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സുഗന്ധവർഗ്ഗം പോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മുമ്പേ നമ്മൾ പറഞ്ഞ ആ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിച്ച വാക്യത്തിന് താഴെ വേറെ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ഈ ദാനിയൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ആറിൻ്റെ പത്താമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ആ പുരുഷന്മാർ ബദ്ധപ്പെട്ട് വന്നു ദാനിയെ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു പ്രാർത്ഥിച്ച് അപേക്ഷിക്കുക കണ്ടോ അപ്പം ദാവി ദാനിയലിൻ്റെ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എങ്ങനെയാണ് നടന്നത് കുഞ്ഞുങ്ങൾക്ക് വരെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഈ ദാ രാജാവിൻ്റെ ധാര്യവേശ രാജാവിൻ്റെ വിരോധകല്പനയ്ക്കെതിരായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് മറ്റുള്ളവരെ കണ്ട് രാജാവിൻ്റെ ശ്രദ്ധപ്പെടുത്തി രാജാവിന് ദാനിയലിനോട് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും താന് രേഖയും വിരോധനകല്പനയും എഴുതിപ്പോയല്ലോ അത് മേദ്യരുടെയും പാർസികളുടെയും നീക്കം നിയമപ്രകാരമുള്ള മാറ്റം വരാതവണ്ണമുള്ള വിരോധനകല്പന അതുകൊണ്ട് രാജാവ് വിചാരിച്ചിട്ടും അതിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു ഇവനെ സിംഹക്കുഴുങ്ങളുടെ ഗുഹയുടെ ക്കകത്ത് ഇട്ട് കളഞ്ഞു എന്നാൽ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ രാജാവ് വന്ന് രാജാവ് വന്ന് രാത്രിയിൽ രാത്രിയിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു പിറ്റേ രാ രാത്രിയിൽ അതിൻ്റെ പതിനെട്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കുക രാജാവും രാജധാനിയിൽ ദാനിയലിനെ ഓർത്ത് ഉപവസിച്ച് രാത്രി കഴിഞ്ഞു രാവിലെ അധികാലത്ത് രാജാവ് എഴുന്നേറ്റ് ബന്ധപ്പെട്ട സിംഹ ഗുഹയുടെ അരികയെ ചെന്നു ഗുഹയുടെ അരികെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം കണ്ടോ ഇടവിടാതെ അൺസീസിംഗ്ലി നമ്മൾ ഒന്ന് തെസ്ലോനിക്കർ നാലാമധ്യായ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ വന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പം അൺസീസിങ് പ്രേയർ ഇടവിടാതെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ വന്നത് ഇവിടെ ഇതാ അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുന്നു ഓ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലും ഈ ദാവി രാജാവ് ദാര്യവെച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നീ ദീ നിൻ്റെ ദൈവം അപ്പം ദാനിയലിനെ കുറിച്ച് രാജാവിൻ്റെ മതിപ്പെന്തായിരുന്നു അവന് അവന് ഇടവിടാതെ ഇടവിടാതെ ഇടവിടാതെ ആരെ സേവിക്കുന്നു ദൈവത്തെ സേവിക്കുന്നു അതേപോലും മനുഷ്യരൊക്കെ ദാനിയലിനെ കുറിച്ച് എന്താ പറയുന്നത് ദാരിയൽ ആരെയാണ് സേവിക്കുന്നതാ പറയുന്നത് ദാരിയാവേശിനെ സേവിക്കുന്നതെന്നാ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ നമ്മളപ്പത്തന്നെ ഇവിടുത്തെ ലോക ഗവൺമെന്റിന്റെ ജോലിയായിരിക്കും നോക്കുന്നത് ഇവിടെ മറ്റൊരു ആഫീസില് നിന്റെ മേലധികാരിയെ പ്രസാദിപ്പിക്കുന്ന പണിയൊക്കെ ആയിരിക്കും നീ ചെയ്യുന്നത് പക്ഷെ നീ ആരെയാണ് സേവിക്കുന്നത് നീ നിന്റെ ആത്മാവിൽ താഴ്മയോടെ ദൈവോന്മുഖമായിട്ട് ആ ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് എന്താ പറയുന്നത് നീ ഇടവിടാതെ ദാരിയാവേശനെ സേവിച്ചു എന്നല്ല പറയുന്നത് ഇടവിടാതെ നിൻ്റെ ദൈവത്തെ സേവിച്ചു നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ദാനിയലിനെ പോലെ ആയിരിക്കാനായിട്ട് ഒക്കും നമ്മൾ ദാനിയലിനെ പോലെ ദാനിയൽ ഏതെല്ലാം രാജാക്കന്മാരെ സേവിച്ചു അവിടെ എല്ലാം വിശ്വസ്തനായിട്ട് താൻ തൻ്റെ ജോലി നോക്കി പക്ഷേ ആ ജോലി നോക്കുന്നതിനിടയിൽ ഇടവിടാതെ അതിൻ്റെ അകത്തൊരു ഒഴി കഴിവില്ലാതെ താൻ ആരെ സേവിച്ചോണ്ടായിരുന്നത് വലിയവനായ ദൈവത്തെ സേവിച്ചുകൊണ്ടായിരുന്നത് ദാനിയലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കണ്ടോ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ആറിൻ്റെ പതിനൊന്നിൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു അപേക്ഷിച്ചു പ്രാർത്ഥന അപേക്ഷ അതിൻ്റെ മുകളിൽ സ്തോത്രം താങ്ക്സ് ഗിവിങ് ഓ അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ട ഘടകങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ അഞ്ചുകൂട്ടം ഘടകങ്ങളിൽ പല ഘടകങ്ങളും ദാനിയലിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും കണ്ണുനീരിൻ്റെ യാതനയുടെയും കാര്യം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കതും തൻ്റെ പ്രാർത്ഥനയിലുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും തന്നെ തന്നെ താഴ്ത്തി ആ കിളിവാതിൽ തുറന്നിട്ടു കാണുന്നവർ കണ്ടോട്ടെ തന്നെ തന്നെ താഴ്ത്തി താന് പ്രാർത്ഥിച്ചു വിരോധകൽപ്പന പുറപ്പെടുവിച്ചു എന്ന് അറിഞ്ഞിട്ടു നോക്കുക ഒന്നാമത് ദാനിയലിൻ്റെ പ്രാർത്ഥനയിൽ ആ താഴ്മയുണ്ടായിരുന്നു ഓ ധാനിയലിൻ്റെ പ്രാർത്ഥനയിൽ ആ കണ്ണുനീരുണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ സിംഹക്കുഴിയിൽ പോകേണ്ടി വരും ആ ഒരു ആവശ്യത്തിന് മുമ്പാകെ തീർച്ചയായിട്ടും അവൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ടായിരുന്നിരിക്കാം അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു പെറ്റീഷൻ ഒരു അഭേയാജന ഉയർന്നിട്ടുണ്ടാവും ദയവേ ദയവേ എന്നെ സഹായിക്കണേ ഈ ഒരു കാര്യത്തിൽ സിംഹക്കുഴിയിൽ നിന്ന് തന്നെ വിടുവിക്കണേ അവ വിചാരിച്ചത് ഒരുപക്ഷെ സിംഹക്കുഴിയിൽ നിന്ന് ഇടാതെ ദാനിയലിനെ വിടുവിക്കുമെന്നായിരിക്കും ആദ്യം ചിന്തിച്ചത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല സിംഹക്കുഴിയിൽ ഇട്ടു ഇട്ടപ്പോഴും പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക എന്താ ദൈവനെ സഹായിക്കണേ സഹായിക്കണേ ഈ സിംഹങ്ങൾ രാത്രി മുഴുവൻ രാത്രി മുഴുവൻ സിംഹങ്ങളും വന്ന് ദാനിയലിൻ്റെ ചുറ്റും വിരിക്കുക പക്ഷേ ദൈവം എന്ത് ചെയ്തു ഇതിൻ്റെ വായടച്ചുപോയി ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ടോ ദൈവത്തിൻ്റെ ആ പ്രൊവിഷൻ അവൻ അനുഭവിച്ചറിയുക അവന് ആ ഭയജന ആ രാത്രി മുഴുവൻ ദാനിയൽ ഒരു പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരിക്കാം അഭയ യാചന അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അപ്പം താഴ്മയുണ്ടായിരുന്നു കണ്ണുനീരുണ്ടായിരുന്നു യാചന ഉണ്ടായിരുന്നു ഏറ്റുപറച്ചിലുണ്ടായിരുന്നിരിക്കാം ദൈവ എൻ്റെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ സ്തോത്രം പറഞ്ഞു താങ്ക്സ് ഗിവിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ഇതാ ദോചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ഇടവിടാതെ ഇടവിടാതെ സേവിച്ചു വരിക നമ്മളുടെ പ്രാർത്ഥനയും ഇടവിടാത്ത പ്രാർത്ഥനയാണ് ആ ഇടവിടാത്ത പ്രാർത്ഥന ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നത് തന്നെയാണ് പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല ഓ എന്നാൽ ഇനിയിപ്പോൾ ചില നേരം അങ്ങനെ സമയമെടുത്ത് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം നമ്മളങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനയുടെ ആ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണം താഴ്മ കണ്ണുനീര് അഭയാചന ഓ ഏറ്റുപറച്ചിൽ നന്ദി ആ നന്ദിയും സ്തോത്രവും പറയുമ്പം അത് ചിലപ്പോൾ സ്തോത്രയാഗമായിരിക്കും മറുപടി കിട്ടിയെന്ന് വരികയല്ല എങ്കിലുമെങ്കിലും സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ അവൻ്റെ വിടുതലിനുള്ള വഴിയെ ക്രമീകരിക്കുക ചെയ്യുന്നത് അവൻ്റെ മോചനത്തിനുള്ള വഴിയെ അവൻ ക്രമീകരിക്കുക ചെയ്യുന്നേ ഇപ്പോൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല ഈ പ്രാർത്ഥന നമുക്ക് നിരന്തരം അങ്ങനെയാണ് നമുക്കൊരു പ്രാർത്ഥനാ മനുഷ്യരെ നമ്മൾ പലപ്പോഴും ജോർജ് മുള്ളർ ഇങ്ങനെയൊക്കെ ചില ആളുകളെ ആ പ്രാർത്ഥനാ മനുഷ്യർ എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് സഹോര സഹോരി നിനക്കും എനിക്കും നമ്മുടെ കാലഘട്ടത്തിലെ പ്രാർത്ഥനാ മനുഷ്യരായിട്ട് നിൽക്കാം എങ്ങനെ ഓ ദൈവം രേഖപ്പെടുത്തും ഇവൻ ഇടവിടാതെ ഇടവിടാതെ unceasingly ഇടവിടാതെ എന്നെ സേവിക്കുക ചെയ്ത് അപ്പം തന്നെ അവനൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുമായിരുന്നു അവൻ വണ്ടി ഓടിക്കുകയായിരുന്നു അവൻ അടുക്കളയിൽ പണിയെടുക്കുക അവൾ അടുക്കളയിൽ പണിയെടുക്കുകയായിരുന്നു ഇതെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ അവൻ സേവിച്ചതാരെയാ ദൈവത്തെയാണ് സേവിച്ച ഇതൊരു രഹസ്യമാണ് ഈ ഈ കാര്യം സ്വർഗം കാണും സ്വർഗം കാണും സ്വർഗം രേഖപ്പെടുത്തും ധാന്യലിനെ കുറിച്ച് അത് രേഖപ്പെടുത്തിയെങ്കിൽ സഹോരസഹോരി നമ്മളെക്കുറിച്ചും നമുക്കും ഈ മനോഭാവത്തോടെ ഈ കാര്യങ്ങളെ നമ്മുടെ ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവവും ഭാഗത്താഴ്മൊരു മനോഭാവത്തോടെ നമുക്കായിരിക്കാം